പുനരുത്പത്യാദിശ്രുതി നാം വിശേഷ നിരാകരണ ശ്രുതി ശേഷത്വം പുനരുതര ശേഷ ഇതരാസാമിതി അദ്വൈതി എന്താ പറയുന്നത് അല്ലെങ്കിൽ ഭാഷകാരം പറയുന്നത് എന്താണ് ബ്രഹ്മം അതാണ് സത്യം അതിന്റെ സഗുണഭാവങ്ങളെല്ലാം പറയുന്നത് അസത്യം എന്തിന്റെ അടിസ്ഥാനത്തിൽ ശ്രുതിയുടെ അടിസ്ഥാനത്തിൽ ശ്രുതി എന്ത് പറയുന്നു രണ്ടും പറയുന്നു ശ്രുതി ഒരടുത്ത് പറയുന്നു നിർഗുണമാണ് നിത്യശുദ്ധ ബുദ്ധം വേറെ അടുത്ത് പറയുന്നു സർവജ്ഞൻ സർവശക്തൻ അപ്പൊ പിന്നെ നിങ്ങൾ നിർഗുണം എന്നെങ്ങനെ തീരുമാനിക്കും പറയുന്നത് സഗുണപ്രതിപാദകങ്ങളായ വാക്യങ്ങൾ സഗുണീശ്വരനെക്കുറിച്ച് പറയുന്ന വാക്യങ്ങളും നിർഗുണപരമായി മനസ്സിലാക്കും എന്ന് വെച്ചാൽ അതിൻ്റെയും താല്പര്യം നിർഗുണമായ തത്വത്തെ ബോധിപ്പിക്കാനാണ് സത്യത്തെ ബോധിപ്പിക്കാനാണ് ഇതാണ് അദ്വൈതിയുടെ പക്ഷം അദ്വൈതികള് തിരിച്ചു ചോദിക്കുകയാണ് സഗുണമാണ് സത്യം നിർഗുണവാക്യങ്ങളും താല്പര്യവും സഗുണത്തെ ബോധിപ്പിക്കുകയാണ് ഇങ്ങനെ ആയാലെന്താ അതുകൂടെ ചോദിക്കുന്നു രണ്ടു വാക്യമുണ്ടെങ്കിൽ അതിൻ്റെ വിനിഗമനം എന്താണ് ഒരു പക്ഷത്തെ സമർത്ഥിക്കുന്നതിനുള്ള യുക്തി എന്താണ് അന്ന് പറയുന്നത് അദ്വൈതം പിന്നെ വിശദീകരമായ ചർച്ചകളിലേക്ക് പോകുമ്പോൾ യുക്തിയിലേക്ക് പോകും ശ്രുതിയും ഉണ്ട് യുക്തിയും ഉണ്ട് രണ്ടും കൂടെ വന്നാലേ ശരിയോ കാരണം ശുഗതിയിലെല്ലാം പറയും നിർഗുണമെന്നും പറയും സഗുണമെന്നും പറയും അപ്പം പിന്നെ എൻ്റെ എന്താണ് വാസ്തവം എന്ന് കണ്ടുപിടിക്കുന്നു പിന്നെ യുക്തി ആശ്രയിക്കേണ്ടി വരും കണ്ടുപിടിക്കുന്നവന്റെ ബുദ്ധിയെ ആശ്രയിക്കേണ്ടി വരും സഗുണമാണോ നിർഗുണമാണോ ഇതെല്ലാം അത്യന്ത്യുമായി തീരുമാനിക്കുന്നത് ശ്രുതിയല്ല അവനവൻ്റെ ബുദ്ധിയാണ് ബുദ്ധിയിലാണ് നിർഗുണവും സൗണവും പിന്നെ ആ ബുദ്ധിയെ ചുറ്റിപ്പറ്റി പല കാര്യങ്ങളും കാണും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണെന്ത് ഇഷ്ടം നമുക്കിഷ്ടം ഏതിനോടാണോ അതിനോട് നമ്മുടെ മനസ്സ് ചേർന്ന് നിൽക്കും നിർഗുണത്തോടാണ് ഇഷ്ടമെങ്കിൽ അത് ശരി നമുക്ക് സഗുണത്തോടാണ് ഇഷ്ടമെങ്കിൽ അത് ശരി ഇഷ്ടത്തിനൊരു വലിയ സ്ഥാനം അതുകൊണ്ടാണ് കഥ പറയുന്നതാണ് രാമാനുജാചാര്യര് അദ്വൈതിയായ ഗുരുവിൽ നിന്ന് ദ്വൈതം കേട്ടപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണ് നിറഞ്ഞ് കണ്ണുനീര് വന്നുകൊണ്ടേയിരുന്നു അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഈശ്വരന്റെ സ്വഗുണ്ണഭാവങ്ങളെല്ലാം ഈ പറഞ്ഞതുപോലെ നിശിതമായി നിഷേധിക്കുക ഇവിടുന്ന് തന്നെ എത്ര പേര് എഴുന്നേറ്റ് പോയിരിക്കുമെന്ന് സഹിക്കാൻ പറ്റില്ല ഇത് ഞാൻ ഒന്നുമ്പോൾ പറഞ്ഞിട്ടുണ്ട് കൈലാസാശ്രമത്തിൽ ഞാൻ അവിടുത്തെ മണ്ഡലേശ്വരൻ്റെ അവിടെ രാവിലത്തെ ഉപനിഷത്ത് സത്സംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും പിറകിൽ നിന്നൊരു നിലവിളി കേട്ടു ഒരു സ്ത്രീ നിലവിളിച്ചുകൊണ്ടിറങ്ങി പുറത്തേക്ക് ഓടി വിചാരിച്ചെന്താ ആസ്മയ അപസ്മാരകം എന്തായിരിക്കും എന്നാണ് ഞങ്ങൾ പിന്നീടാണ് അറിയുന്നത് അവർ പറഞ്ഞത് എനിക്കിതൊന്നും കേക്കാൻ വയ്യേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓടിയത് എന്നുവെച്ചാൽ ഇദ്ദേഹം പറയുന്നത് ഈ പറയുന്നത് പോലെ ഞാൻ ഈ രണ്ടു ദിവസം കൊണ്ട് പറയുന്ന പോലെ നിർഗുണത്തെയാ പറയുന്നത് ചിലർക്ക് സഹിക്കാൻ പറ്റത്തില്ല കരഞ്ഞുകൊണ്ട് ഓടുന്നില്ല പിന്നെ അങ്ങനെയുള്ളവർ അങ്ങനെയുള്ള സ്ഥലത്ത് ഇരിക്കാതിരിക്കുന്ന ഇരുന്നാൽ പിന്നെ ഇന്നലെ വിളിക്കേണ്ടി വന്നാൽ പിന്നെ ഇരിക്കാതിരിക്കുക അതാന്നല്ല ഉക്കൊള്ളാൻ പറ്റത്തില്ലെങ്കിൽ പറയുന്നവർക്ക് സത്യസന്ധമായി പറഞ്ഞല്ലേ പറ്റൂ എന്നേ ഒരു വെള്ളം ചേർക്കാൻ പറ്റുമോ ആ തിരിച്ചു ചോദിക്കൂ തിരിച്ചെന്തുകൊണ്ടായിക്കൂടാ നിർഗുണശ്രുതികളെല്ലാം സഗുണപരമായി വ്യാഖ്യാനിക്കും സുണം അതാണ് പൂർഷി ചോദിക്കുന്നത് ദ്വൈതികളതാ ചെയ്യുന്നത് അതാണ് ഞാൻ രണ്ടു ദിവസം മുമ്പ് പറഞ്ഞത് ശ്രുതിയെ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിച്ചിട്ടാണ് സിദ്ധാന്തങ്ങള് അവരുണ്ടാകുന്നത് ശ്രുതി പ്രമാണത്തെ അംഗീകരിക്കണമല്ലോ അല്ലാതെ യുക്തിയെ ശരിയായ രീതിയിൽ ഖണ്ഡിച്ചിട്ടല്ല ഖണ്ഡിക്കാനുള്ള ശ്രമങ്ങളുണ്ട് രാമാനുജ ഭാഷയെത്തിൽ നോക്കിയാൽ കാണാൻ്റെ ശ്രമങ്ങൾ അതിന് കൂടുതൽ ശ്രമങ്ങൾ വേദാന്താചാര്യൻ നടത്തിയിട്ടുണ്ട് അദ്വൈതത്തെ ഖണ്ഡിക്കുന്നതിന് വേണ്ടി അപ്പോൾ അത് ഒരു ഭാഗത്തുകൂടെ അങ്ങനെ നിലകുന്നുണ്ട് എന്നിരിക്കലും ഒരു പ്രകൃതിയിലൊരു നിയമമുണ്ട് എന്താണ് ശക്തിയുള്ളതെ അതിജീവിക്കത്തുള്ളൂ അതുകൊണ്ടാണ് മനുഷ്യ ഇത്രയും കാലം അതിജീവിച്ചത് പ്രപഞ്ചത്തിലുണ്ടായ ഒരുപാട് ജീവജാലങ്ങൾ നമ്മളെ മനുഷ്യരെക്കാളും വലിയ ജീവജാലങ്ങൾ എല്ലാം നഷ്ടപ്പെട്ടു പോയി ഇപ്പോഴും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക ശക്തിയുള്ളത് അതിജീവിക്കും എന്നാ പറയുന്നത് മനുഷ്യനതിജീവിക്കുന്നു എന്തുകൊണ്ട് അവന് ശക്തിയുണ്ട് എന്താണ് അവൻ്റെ ശക്തി ുദ്ധി അതുകൊണ്ട് അതിനീവിക്കും അപ്പൊ ഇനി ഇതിനെ നശിപ്പിക്കണമെങ്കിൽ മനുഷ്യനെ നശിപ്പിക്കണമെങ്കിൽ ഇതിനും വലിയ ബുദ്ധിയുള്ളതൊന്ന് വരണം അതെല്ലാം അന്യഗ്രഹങ്ങളിൽ നിന്നും വരേണ്ടി വരും തൽക്കാലം ഇവിടെ അതിനുള്ള ചാൻസൊന്നും അപ്പോ അദ്വൈതം അതിജീവിച്ച് കാലത്തെ അതിജീവിച്ച് അദ്വൈതത്തിന് ശേഷമാണ് അവരൊക്കെ വന്ന അഭ്യാസങ്ങൾ കാണിച്ച് എന്നിട്ട് അതിനെയൊക്കെ അദ്വൈതം അതിജീവിച്ചതുകൊണ്ട് അതിന് ശക്തി ഉള്ളതുകൊണ്ട് തന്നെ ഇന്നും പ്രചാരത്തിൽ നിലനിൽക്കുന്നത് കൂടുതലും അദ്വൈതമാണ് പ്രചാരം കൊണ്ടാണ് അല്ല പ്രചാരമെന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലാക്കണം പ്രചാരം കൊണ്ട് നില നില നിലനിൽക്കുന്ന കണക്കാക്കാൻ പറ്റും പ്രചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുക്തിയും ബുദ്ധിയും ഉള്ളവരുടെ ഇടയ്ക്ക് എന്ന് മനസ്സിലാകും അല്ലാത്തവരുടെ ഇടയ്ക്കൊക്കെ പ്രചരിച്ചിരിക്കുന്നത് വേറെയാണ് സാമാന്യ ജനങ്ങളുടെ ഇടയ്ക്ക് പ്രചരിച്ചിരിക്കുന്നത് അദ്വൈതമൊന്നുമില്ല അങ്ങനെയല്ല പറയും ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ ശേഷിയുള്ളവർ വിവേകശാലികൾ അവരുടെ ഇടയ്ക്ക് പ്രചരിച്ചിരിക്കുന്നത് അവിടെ അതിജീവിച്ച എന്താണ് അദ്വൈതമാണ് എന്തിന സ്വീകരിച്ച അദ്വൈതത്തെ ലോകത്തെവിടെയും ഒരു തത്വചിന്ത എന്നുള്ള നിലയ്ക്ക് പിന്നെ ഈ അദ്വൈതത്തെ ഓരോരുത്തരും ആധുനിക ചിന്തകന്മാരൊക്കെ കുറച്ച് മാറ്റിയൊക്കെ വ്യാഖ്യാനിക്കും മാറ്റി വ്യാഖ്യാനിക്കുന്നത് ഇത്രേ ഉള്ളു അവർ ഈ പുനിഷത്തും ഗീതയും ഒക്കെ വായിച്ചു വായിച്ചതിന് ശേഷം അവരദ്വൈതം പറയും ചോദിച്ചാൽ പറയും ഞാൻ ഗീതിയും പുനുഷത്തും ഒരു പ്രസവം വായിച്ചിട്ടില്ലെന്നും പറയും അവർ മേന്മ ഇതൊക്കെ വായിച്ചിട്ടുണ്ട് രഹസ്യമായിട്ടാണെന്നേ ഉള്ളു സത്യമാണ് പല ആധുനിക ചിന്തകന്മാരുടെയും അവരുടെയൊക്കെ വായിച്ചു നോക്കും അവർ പറയും ഞാൻ ഉപനിഷത്തും വായിച്ചിട്ടില്ല ഗീതിയും വായിച്ചിട്ടില്ല പച്ചക്കള്ള ആണ് പിന്നെ എന്താ അയാളുടെ പണി അതുകൂടെ നമ്മളൊന്ന് ആലോചിക്കണം ഒന്നോ രണ്ടോ മണിക്കൂർ അതിനെ പ്രഭാഷണം പ്രഭാഷണം ബാക്കി സമയത്ത് എന്താ പണി സാമാന്യം ബുദ്ധിമുട്ടാലോചിക്കുക ഇത് വായിച്ചു നോക്കുകയാണ് വായിക്കാതെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിന് മഹത്വം കൂടും എന്നെങ്കിലൊരിക്കും അത് വായിച്ചിരിക്കുന്നു അവിടെ നിന്നാണ് ഈ ആശയങ്ങൾ കിട്ടുന്നത് എന്നിട്ട് മേനി നയിക്കാൻ വേണ്ടി പറയും ഞാൻ ബുക്ക് വായിക്കാറില്ല ഒരു പുസ്തകവും വായിച്ചിട്ടില്ല വേറെ ഈ ലോകം മുഴുവൻ മണ്ടന്മാരെ കൊണ്ടൊന്നിറഞ്ഞിരിക്കും എന്ത് പറഞ്ഞാലും ആളെ കിട്ടും പിന്നെ ചിലർ കൊണ്ട് ഒരു ശകലം മതി അതിനെ വലുതാക്കിയെടുക്കാനുള്ള വൈഭവം ബുദ്ധിവൈഭവം അവർക്ക് വേണം അതിനുള്ള ജീൻസൊക്കെ അവർ കാണും പക്ഷേ ഇതൊക്കെ ഇതിൽ നിന്ന് കിട്ടിയത് തന്നെയാണ് അങ്ങനെ മാറ്റിയും തിരിച്ചുമൊക്കെ കുറച്ചൊക്കെ വ്യാഖ്യാനിക്കുന്നുണ്ടെങ്കിലും അതിജീവിക്കുന്നതെന്നും അദ്വൈതമാണ് അതിൻ്റെ സോതയിനും പിൽക്കാലത്ത് വന്ന് എല്ലാ തത്വദർശനങ്ങളിലും വന്നിട്ടുണ്ട് ഭാഷ്യകാരനിൽ വന്ന സ്വാധീനം ഭാഷികകാരണത്തിൽ മുമ്പുള്ള ദർശനങ്ങളുടെ സ്വാധീനമുണ്ട് ശരിയായ രീതി അങ്ങനെയാണെങ്കിൽ ഭാഷകാരന് ശേഷം വന്നിട്ടുള്ള എല്ലാ ചിന്തകളിലും പാശ്ചാത്യവും പൗരസ്ത്യവും എല്ലാത്തിലും ഇതിൻ്റെ ഒരു സ്വാധീനമുണ്ട് എന്ന് പറഞ്ഞാൽ യുക്തിയെ ആശ്രയിക്കുന്നു എന്നർത്ഥം ആ യുക്തിയാണ് ഇവിടെ ഇപ്പം ചർച്ച ചെയ്യുന്നത് ഇത് മറിച്ചെന്തുകൊണ്ടായിക്കൂടാ സവണശ്രുതികളെ നിർഗുണശ്രുതിക്കനുസരിച്ച് വ്യാഖ്യാനിക്കുക എന്ന് നമ്മൾ പറയുന്നതിന് പകരം ശവണശ്രുതിക്കനുസരിച്ച് നിർഗുണശ്രുതിയെ വ്യാഖ്യാനിക്കുക സഗണമാണ് സത്യം അതാണ് ഇവിടെ പറയുന്നത് കസ്മാത് പുനരുത്പത്തിയാദിശ്രുതി നാം വിശേഷ നിരാകരണശ്രുതി ശേഷത്വം ന പുനരിതര ശേഷത്വം ഇതരാസാം എന്തുകൊണ്ട് ഉത്പത്യാദിശ്രുതികൾ നമുക്ക് വിശേഷ നിരാകരണശ്രുതിശേഷത്വം വിശേഷത്തെ നിരാകരിക്കുന്ന നിർഗുണകൃതികളുടെ ശേഷമാകുക എന്ന് പറഞ്ഞാൽ അതിന്റെ അംഗമാകുക എന്ന് പറഞ്ഞാൽ അതിനനുസരിക്കുക എന്നർത്ഥം അതിൻ്റെ ഭാഗമാകും എന്ന പുനർ ഇതര ശേഷത്വം ഇതരാക സഗുണശ്രുതിയുടെ അംഗമാകുക നിർഗുണശ്രുതികൾ അങ്ങനെ എന്തുകൊണ്ടായി കൂട എന്നുവെച്ചാൽ സഗുണശ്രുതിക്ക് അനുസരിച്ച് നിർഗുണശ്രുതിയെ മനസ്സിലാക്കുക അവിടെയുക്തി ഉപയോഗിക്കുക എന്തുണ്ടായി കൂട എന്താണ് വേണം അതുപോലെ മാത്രമേ ആണ് ഈ പേജിൽ പലയിടത്തും മിസ്റ്റേക്കുകൾ കാണുന്നുണ്ട് ഇതാ ശരി അത് നമുക്ക് വായിക്കുമ്പോൾ അറിയാമല്ലോ ഏ വിശേഷന്ന് മാത്രം പറഞ്ഞാൽ അവിടെ ആശയം വ്യക്തമല്ലോ അത് വ്യക്തമാണെങ്കിൽ എന്തുവേണം വിശേഷ നിരാകരണ ശുഷി ശ്രുതി വിശേഷം അവിടെ നിര പെൻഡിങ് മിസ്റ്റേക്കാണ് ഇടയ്ക്ക് കുറെ ഭാഗം അങ്ങ് പോയി മിസ് അപ്പോ ആദ്യത്തെ ആ വിശേഷവും അവസാനത്തെ തൊമ്മും കൂടെ വന്നു ഇടയ്ക്ക് വിട്ടുപോയതാണ് ഒന്നും ആശയം വ്യക്തമാകത്തില്ല ധനഭാഷകാരൻ വളരെ അദ്വൈത സിദ്ധാന്തത്തിലെ അനുഭവ യുക്തിയും കൊണ്ട് നിരാകരിക്കുകയാണ് ഉച്ചതേ പറയാം വിശേഷ നിരാകരണ ശ്രദ്ധേന നിരാകാംക്ഷാർത്ഥത്വം നാത്മനേകിത്യശുദ്ധവാദി അപഗതോ സത്യാം ഭൂയ കക്ഷ ഉപജാതേ പുരുഷാർത്ഥസമാുദ്ധിപത് തോ മോഹ ക ശോക എകനുപശ്യത അഭിം വൈ ജനകാസി വിദ്വിഭേദി ഉതശ്ചന ഏദം ഹാവുന്ന തപതി കിമഹം സാധുന അകരവം കിമഹം പാപം അകരവം ഇത്യാദി ശ്രുതിഭ്യുക്തിയുടെ കാര്യം പറയുമ്പോഴത്തേക്ക് സാധാരണ ചോദിക്കുന്നൊരു ചോദ്യമാണ് ഈ യുക്തിയൊക്കെ കൊണ്ട് മോക്ഷമാണ് ഡയറക്റ്റ് മോക്ഷം യുക്തിയൊക്കെ വിചാരം ചെയ്താൽ മോക്ഷം കിട്ടുമോ എന്ന് സാറിന് ചോദിക്കും അല്ല ഇനി എന്ത് ചെയ്താലാണ് മോക്ഷം കിട്ടുന്നതെന്ന് തിരിച്ചു ചോദിച്ചാൽ അതൊട്ടറിയത്തുമില്ല എന്തെങ്കിലും ചെയ്താൽ മോക്ഷം കിട്ടുമെന്ന് വിചാരിക്കുന്നു ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് മോക്ഷം കിട്ടുമോ ഇതുവരെ കിട്ടിയോ കിട്ടുന്ന എന്തെങ്കിലും ലക്ഷണം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം എന്റെ യാതൊരു അടയാളം ഇന്നൊന്ന് സ്വയം അറിയാം എന്നാലും പറയും അങ്ങനെ യുക്തി കൊണ്ടെന്താ മോശം കിട്ടൂ പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നത് അദ്വൈതമാണ് മേധാവി പുരുഷോ വിദ്വാൻ പുഹാപോഹ വിചക്ഷണ എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ കുറെയൊക്കെ അതുണ്ടായാലേ പറ്റൂ അല്ലാതെ നടക്കില്ലെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ പിന്നെ എന്തുവേണം ഇപ്പം നിങ്ങൾ ചെയ്യുന്ന ഒന്നും ചെയ്യാതിരിക്കണം എന്ന് പറഞ്ഞാൽ ജനിക്കുമ്പം തന്നെ അങ്ങനെ ജനിക്കണം എന്നാണ് എൻ്റെ ഒന്നും ആവശ്യം ജനിക്കുമ്പം തന്നെ അങ്ങനെ ജനിക്കണം ഈ ബോധത്തോടുകൂടി ജനിക്കണം അങ്ങനെ ഉണ്ടല്ലോ മഹാത്മാക്കളൊക്കെ അങ്ങനെയാണ് ജനിക്കുമ്പം തന്നെ ബോധത്തോടെ ജനിക്കണം എന്നാ പിന്നെ ഞാൻ അതാണെന്ന് പറഞ്ഞാലോ മറ്റുള്ളവർ കൂടെ തോന്നണ്ടേ അവിടെയല്ലേ പ്രശ്നം പലരും അങ്ങനെ ആകാനൊക്കെ ഭാവിക്കുന്നുണ്ട് അഭിനയിക്കുന്നുണ്ട് എന്നേ മുല്ലപ്പൂമ്പൊടി ഏറ്റു കിടക്കും എല്ലേലും ഉണ്ടാവും ഒരു ഞാനും അതുപോലെ എന്തൊക്കെയാണ് എന്ന് നിങ്ങൾ ധരിച്ചോളില്ല എന്നുള്ള ഭാവത്തിലൊക്കെ ഉടുപ്പിലും നടപ്പിലുമൊക്കെയാണ് ആ ഭാവം കാര്യത്തിലൊന്നുമില്ല ഒന്നും നടക്കാൻ ആരും അംഗീകരിക്കാൻ പോകുന്നില്ല അതാണ് കഷ്ടം അതും ഡിപ്രഷനിലേക്ക് പോകും അല്ല ഒന്നും സംഭവിക്കില്ല അപ്പൊ അതൊക്കെ അങ്ങനെ ജനിച്ചാലേ പറ്റൂ അപ്പൊ അവരുടെ കാര്യമില്ല കൂടെ പറയുന്നു അത് നമ്മുടെ ഇവിടുത്തെ ചർച്ചയ്ക്ക് അത് വിഷയമേ അല്ല അത് വിടുക നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മളെപ്പോലെയുള്ള സാധാരണ മനുഷ്യരുടെ കാര്യമാണ് അതെപ്പോഴും മനസ്സിരിക്കുന്നു അപ്പൊ ഇത് പറയുമ്പോൾ അവിടെ പോകരുത് അത് പറയുമ്പോൾ ഇങ്ങോട്ട് വരരുത് ഇത് രണ്ടും രണ്ടായിട്ട് തന്നെ നിർത്തുക ചിന്തിക്കുക അപ്പോൾ ഇവിടെ ഭാഷകാരൻ പറയുന്നത് എന്താണോ നിങ്ങൾ പറയുന്നതിൽ യുക്തിയില്ല ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞു രണ്ട് ദിവസം മുൻപേ പറഞ്ഞു നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കിയ കാര്യങ്ങളൊക്കെ ഈ സവിശേഷ സ്മൃതികൾ അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ എത്തുന്ന നിഗമനങ്ങൾ വീണ്ടും ചോദ്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും അവിടെ പറയുന്ന ഇതാണല്ലോ സർവജ്ഞൻ സർവശക്തൻ നീതിമാൻ സൃഷ്ടിസ്ഥിതി സംഹാര കർത്താവ് ഇതാണ് സഗുണ ഈശ്വരൻ എന്ന് പറയും പിടിച്ചു നിൽക്കാൻ വലിയ പാടാണ് വിവരമുള്ളവൻ്റെ മുമ്പിൽ നമ്മൾ ആൾക്കൂട്ടത്തിൽ അത് അതാണ് നമ്മളെപ്പോഴും ആൾക്കൂട്ടത്തിൻ്റെ നുമ്പി പോകുന്നത് വിവരമുള്ളവരുടെ അടുത്ത് നമ്മൾ പോകത്തില്ല പോകും ആൾക്കൂട്ടത്തിൻ്റെ ഒമ്പി നമ്മൾ പോകും മിക്ഷമില്ലാത്ത നാട്ടിൽ ആവണക്ക് വന്മിക്ഷമാണ് ആവണക്കെന്ന് പറഞ്ഞാൽ മനസ്സിലാവും എന്ന് പറയും പോലെ ഉള്ളു ഇത് ഭാഷകാരൻ സംസാരിക്കുന്ന വിദ്വാൻമാരുടെ അടുത്താണ് ബോധമുള്ളവരുടെ അടുത്താണ് അവിടെ കുറച്ച് ബോധമില്ലാത്തവൻ്റെ മുമ്പിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാൻ പോകുന്നു നമ്മുടെ ഭാഷകാലം പറയുന്നു അത് വ്യത്യാസമുണ്ട് ബ്രഹ്മസൂത്രം തന്നെ തുടങ്ങിയെന്താണ് അതാതു ബ്രഹ്മജിജ്ഞാസ അത് നമ്മൾ യോഗത്തെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോഴും പറഞ്ഞു ജിജ്ഞാസയാകാം സംശയം അത്ര നല്ലതല്ല ഇടയ്ക്കൊക്കെ ആകാം കൂടിയ പ്രശ്നമാണ് ഈ സംശയത്തിന്റെ കുഴപ്പം ഇതാണ് ഇവിടെ അകാ ചർച്ച ചെയ്യുന്നു സംശയിക്കുന്നവൻ എപ്പോഴും പറയുന്നത് എന്താണ് കാര്യങ്ങളെല്ലാം മനസ്സിലായി വ്യക്തമായും മനസ്സിലാക്കി ഈ പറയുന്ന തന്നെക്കാളും എനിക്ക് മനസ്സിലായി പിന്നെന്താ പക്ഷേ വീണ്ടും അവിടെ മുതൽ ആദ്യം തുടങ്ങുകയാണ് ഇതാണ് സംശയം തുടക്കത്തിലൊക്കെ വേണമെങ്കിൽ അല്പസ്വല്പമൊക്കെ അതാകാം പക്ഷെ അതിന് മുമ്പോട്ട് പോയാൽ ശരിയാവത്തില്ല ഒന്നിനും ശരിയാവത്തില്ല ചിലത് പറയുന്നത് എനിക്ക് യോഗത്തിൽ സംശയമൊന്നുമില്ല ഈ അദ്വൈതത്തിലാണ് സംശയമൊന്നുമില്ല ഞാനൊരു യോഗിയാണ് പക്കാ യോഗി അത് എനിക്ക് ഒരു സംശയം ഇങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് അതിന് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അദ്വൈതത്തിൽ കുറേയൊക്കെ വിവരമുള്ള കുറെ പേരുണ്ട് യോഗത്തിനും വിവരദോഷികളാണ് കൂടുതലും വ്യത്യാസമുണ്ട് അതൊരു വലിയ വ്യത്യാസമാണ് കാരണം അങ്ങനെ ഒരു ഗൌരവമായൊരു ചർച്ച യോഗത്തെ കുറിച്ചാരും ഒരിടത്തും അങ്ങനെ നടത്താറില്ല പിന്നെന്താ ചെയ്യുന്നത് താൻ ചെയ്തിട്ടൊരു പ്രയോജനമില്ലാത്ത കാര്യം എൻ്റെ അടുത്ത് അന്യന്റെ അടുത്ത് വരും നീതായി ചെയ് ഇന്നത് കിട്ടുമെന്ന് പറയും താൻ ചെയ്തിട്ട് എനിക്കൊരു പ്രയോജനവും കിട്ടാത്ത കാര്യമാണോ പറയുന്നത് സത്യസന്ധമായി നെഞ്ചി കൈവച്ചൊന്ന് ചിന്തിക്കുക ഇതല്ലേ ശരി ഉണ്ടോ ചിലരൊക്കെ ചിരിക്കുന്നത് ഇതങ്ങനെ കണ്ടുപിടിച്ചതുള്ള ഞാൻ നേരം യോഗം പഠിപ്പിക്കുന്ന ചിലടടുത്ത് ഞാൻ നേരിട്ട് ചോദിച്ചു മുഖത്ത് നോക്കി പറയണം ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായിട്ടുണ്ട് മറുപടി പറയുന്ന എന്താണെന്നറിയാം സ്വാമി അങ്ങനെ ചോദിക്കരുത് ദേവിയത് അപ്പം അതിൽ ഗൗരവമായൊരു ചർച്ച അവിടെ നടക്കാറില്ല അങ്ങനെ നമ്മൾ ഒരു കാര്യം ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നു ഗുണമായാലും ദോഷമായാലും ഇവിടെ അങ്ങനെയല്ല ഇത് കുറേ ആൾക്കാർ അതാണ് ഞാൻ പറഞ്ഞു ഇത് അതിജീവിച്ച ഒന്നാണ് അതുകൊണ്ട് ചർച്ച ഇതിനെക്കുറിച്ചുള്ള നടക്കുന്നുണ്ട് ശരിയായാലും തെറ്റായാലും അബദ്ധമായാലും സുബദ്ധമായാലും അപ്പം ഇവിടെ പറയുന്ന ഒരു പ്രധാന കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇത് നിങ്ങൾക്ക് ആകാംക്ഷ ജിജ്ഞാസ ഉണ്ടാകുക സ്വാഭാവികമാണ് അതാണ് ആദ്യം പറഞ്ഞെന്താണ് അതാതോ ബ്രഹ്മജിജ്ഞാസ അറിയാനൊരാഗ്രഹം ഉണ്ടാവും എന്താണത് ഈ പറയുന്നത് അറിയാനൊരാഗ്രഹം ഉണ്ടാകുന്നവന് ഇതറിഞ്ഞു തുടങ്ങുമ്പോൾ ക്രമേണ അവന്റെ ജിജ്ഞാസ ശമിക്കും അതാണ് അറിയുന്നു എന്നുള്ളത് എൻ്റെ അടയാളം അല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞല്ല എന്താണോ എല്ലാം മനസ്സിലായി പക്ഷെ പക്ഷെ എന്ന് പറയുന്ന സംശയം എൻ്റെ അടയാളം ഇതെന്തെങ്കിലും മനസ്സിലാകുന്നു എന്നുള്ള എൻ്റെ അടയാളം എന്ന് പറയുന്നത് എപ്പോഴും സംശയിച്ചുകൊണ്ടിരിക്കുന്നതല്ല മനസ്സിലാക്കും അപ്പോൾ അതെന്തുകൊണ്ട് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അറിയുന്നില്ല അല്ലെങ്കിൽ അറിയേണ്ട രീതിയിൽ അറിയുന്നില്ല അങ്ങനെ അറിഞ്ഞാൽ ജിജ്ഞാസ്യമുണ്ടാകാം ആകാംക്ഷ ഉണ്ടാകാം പക്ഷെ അത് നിവർത്തിച്ചേ മതിയാകുക അറിയുമ്പോൾ അതാണ് അദ്വിതത്തിൻ്റെ ഒരു പ്രബലമായ യുക്തി ഭാഷകാരം പറയും ഈ ആകാംക്ഷ നിവർത്തിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണത് സോ അനുഭവമാണത് അതായത് ഒരു കാര്യം ബോധ്യപ്പെടുക എന്ന് പറയുന്നത് അവനവൻ്റെ അനുഭവമാണ് അതിനാണ് അനുഭവം എന്ന് പറയും ബോധ്യപ്പെടുന്നതാണ് അല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ തലയ്ക്കകത്ത് ഷോക്കടിക്കുന്ന ഒന്നും അല്ല അനുഭവം എന്ന് പറയും അല്ല ഏതെങ്കിലും തരത്തിലൊരു വെളിപാടുണ്ടാകുന്നതിനല്ല ഇവിടെ പറയും ഒരുപാട് മനുഷ്യനും ഉണ്ടാകാം അതൊക്കെ പലതരത്തിലുള്ള അനുഭവങ്ങളാണ് അതും ഉണ്ട് ഇവിടെ ഇവിടെ അത് പറയുന്നത് എന്താണോ നമ്മുടെ ജിജ്ഞാസ ശമിക്കുക ജിജ്ഞാസ അതിനൊരു നീണ്ട വഴിയുണ്ട് കാരണം ആ ജിജ്ഞാസ നിലനിൽക്കുന്നതുകൊണ്ടാണ് നമ്മളിതിൻ്റെ വിചാരത്തിൽ മുമ്പോട്ട് പോകുന്നത് ജിജ്ഞാസയുണ്ട് വിചാരണം ചെയ്യുന്നു അവിടെ വീണ്ടും അതിൻ്റെ പൂർണ്ണത ആഗ്രഹിക്കുന്നു നമ്മൾ അറിയേണ്ട അറിവിൻ്റെ പൂർണ്ണത അത്രേ ഉള്ളൂ അല്ലാതെയുള്ള പൂർണ്ണതയല്ല പൂർണ്ണതയൊന്നും നമ്മൾ തെറ്റിദ്ധരിക്കരുത് അറിയുന്ന മുൻപൂർണനാകുന്നൊന്നുമല്ല നമ്മൾ അറിയേണ്ട ഒരു അറിവുണ്ട് അറിവിനൊരു പൂർണ്ണതയുണ്ട് അത് ശമിക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത് സംശയവൻ്റെ അടയാളമല്ല ഈ സംശയിക്കുന്നവനൊരു ധാരണയുണ്ട് എന്താണോ എന്താണ് ധാരണയെന്നറിയാം താൻ വലിയ മിടുക്കനാണോ ഈ താനൊരു മിടുക്കനാണ് അതുകൊണ്ടാണ് എനിക്ക് സംശയിക്കാൻ കഴിയുന്നതെന്നാണ് ധരിക്കുന്നത് പക്ഷേ ഇത് തൻ്റെ ഒരു തകരാറാണെന്നൊരിക്കലും അവൻ തിരിച്ചറിയത്തില്ല എന്തോ ഇതൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ് എന്നവനൊരിക്കലും തിരിച്ചറിയാൻ പറ്റത്തില്ല അപ്പോൾ അതല്ല ഇത് ഇതിൻ്റെ വഴി അതല്ല അപ്പോൾ നേരത്തെ ചോദിച്ചതിന് ഉത്തരം എന്താണ് ഈ യുക്തി കൊണ്ട് എന്താ പ്രയോജനം യുക്തി എന്ന് വെച്ചാൽ വിചാരമാണോ വേറെ ഒന്നും വിചാരം എന്ന് പറയുന്നത് വഴിയാമണ്ണമാണെങ്കിൽ എന്നൂടെ പറയണം നേരെ വഴിക്കുകയാണെങ്കിൽ എന്ത് നമ്മുടെ ജിജ്ഞാസയെ ചിലടത്ത് അതിന് സംശയം നിവൃത്തിയെന്നും പറയും സാങ്കേതികമായി അങ്ങനെ പറയാം പക്ഷെ കാര്യം മനസ്സിലാക്കിയിട്ടാണെങ്കിൽ അങ്ങനെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഒരിക്കലും നിവർത്തിക്കാത്ത സംശയത്തെക്കുറിച്ചല്ല പറയുന്നു നിവർത്തിക്കുന്ന സംശയം അതാണ് ജിജ്ഞാസ എന്ന് മനസ്സിലാക്കും നിവർത്തിക്കാത്ത സംശയം അതാണ് സംശയം ഇത് പകലും പോലെ രണ്ടും വേറെ വേറെയാണ് അപ്പം ഇവിടെ പറയുന്നു ഇതാണ് ഞങ്ങളുടെ യുക്തി ഇതാണ് ഞങ്ങളുടെ അനുഭവം അദ്വൈതത്തെ ശ്രുതി ബോധിപ്പിക്കുമ്പോൾ ശ്രോതാവ് എന്തിനെയാണ് ആരെയാണ് ബോധിപ്പിക്കുന്നത് തന്നെയാണ് ബോധിക്കുന്നത് വിചാരം എന്ന് പറയുമ്പോൾ അത് എങ്ങനെ എങ്ങനെ ബോധിക്കുന്നു എന്നുള്ളതാണ് ഏതിനും ഈ രണ്ടു ചോദ്യങ്ങൾ എപ്പോഴും വരും ഒരാൾ രണ്ടിനും ഉത്തരം പറഞ്ഞാലേ ഉത്തരം പൂർണ്ണമാവും എന്താണ് രണ്ട് ചോദ്യം ഒന്ന് എന്ത് നിങ്ങൾ എന്താ പറയുന്നത് രണ്ടാമത്തെ എങ്ങനെ രണ്ടെന്ന് ഉത്തരം പറയും ചില ആധുനിക ചിന്തകൻ ഞാൻ ഈ ചില ആധുനിക ചിന്തകന്മാരെന്ന് പറയുന്നത് ചിലപ്പോൾ അവരുടെയൊക്കെ ഫാൻസ് കൂടിയും ഈ കൂട്ടത്തിലൊക്കെ ഇരിക്കും പേര് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്നോട് ദേഷ്യം വരും വെറുതെ എന്തിനാണ് വടികൊടുത്ത് അടി വാങ്ങിക്കുന്നു പേര് കുറയാ അവർ പറയുന്നതാണ് ഇതൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയാം പഴയ കാര്യങ്ങൾ ഞാൻ പറയും ഞാനും ചില ഇതൊക്കെ ഫാൻ ആയിരുന്നു പണ്ട് ഫാനായിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്നു കുറെക്കാൾ കറക്ക നിന്നപ്പോഴാ കാര്യം മനസ്സിലായി എന്താണ് എന്നാണ് ഞാൻ പറയുന്നത് എങ്ങനെയെന്ന് ഞാൻ പറയത്തില്ല ഒരു വാശിയാണ് അത് ശരിയാകുന്നു പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ ഈ പറയുന്നത് എങ്ങനെയെന്നുള്ളതാണ് അത് വേറെ കാര്യം അതെന്താണ് നമ്മൾ യോഗത്തിൻ്റെ അവിടെ ചർച്ച ഈ ചിന്തകന്മാരെയൊക്കെ എവിടെ നിൽക്കുന്നു എന്നുള്ള കാര്യം നമ്മുടെ ആചാര്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ അവരേൽ രണ്ടും ചർച്ച ചെയ്യും എന്ത് എന്നും പറഞ്ഞ് വിടത്തില്ല എങ്ങനെയെന്നൂടെ അവർ ചർച്ച ചെയ്യും അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ടാണ് വിചാരത്തിൻ്റെ ആവശ്യം എങ്ങനെയെന്നുള്ളതിൻ്റെ ഉത്തരമാണ് വിചാരം എന്ത് എന്നുള്ള എന്റെ ഉത്തരമാണ് ഇവിടെ പറഞ്ഞ എന്താണ് നിത്യശുദ്ധ മുക്ത മുക്തസ്വരൂപനാണ് അതെങ്ങനെ രണ്ടും വേണം ഞാനിത് യോഗയുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടു നിങ്ങളൊരാൾ നിങ്ങൾക്കൊരാൾ പറയുന്നത് ഇത് ഞാൻ തയ്യാറെ വളരെ ടേസ്റ്റായ ഒരു ഭക്ഷണം നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ നിങ്ങളിത് കഴിച്ചിട്ടില്ല വളരെ ടേസ്റ്റാണൊന്ന് കഴിച്ചു നോക്കിയേ നമ്മുടെ ഉള്ളിൽ ജിജ്ഞാസുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കും ആഹാ അങ്ങനെ ഒരു സാധനം നിങ്ങളിത് എങ്ങനെ ഉണ്ടാക്കിയാ അതെനിക്കറിയത്തില്ല കാര്യ സിമ്പിൾ റെസിപ്പി ഇല്ല പിന്നെ ഈ പറഞ്ഞേക്ക് അപ്പം പറഞ്ഞോളീ പറയുന്നൊക്കെ എന്താണ് വെറും പൊട്ടത്തരം ശുദ്ധസംബന്ധം പക്ഷെ പലയിടത്തും അസംബന്ധത്തിനാ വില എന്തുകൊണ്ട് ഈ അസംബന്ധം പറയുന്നവൻ അറിഞ്ഞുകൊണ്ട് പറയുന്നതല്ല എന്ത് പറയുന്നു അവൻ അറിയത്തില്ല കേൾക്കുന്നവനൊന്നും മനസ്സിലാകത്തില്ല അപ്പൊ അതിന് വിലയാ ഡിമാൻഡ് കൂടുതലതിനാണ് ഈ അദ്വൈതം തന്നെ വേറൊരു രീതിയിലും വ്യാഖ്യാനിക്കും അല്പം കടുപ്പിച്ച് എന്നുവെച്ചാൽ മുമ്പേ ഇരിക്കുന്നവനൊക്കെ ഇങ്ങനെ മെഴിച്ചിരിക്കണം അങ്ങനെ വ്യാഖ്യാനിച്ച കൂടെ ഹാളും നിറയും ഫ്ളാറ്റുകളിലൊക്കെ എഴുന്നേക്കാം അമ്മയാതെ കിടക്കുന്നവരും വന്നിരിക്കും കാരണം അവൻ്റെ കണ്ണ് മെഴിപ്പിക്കണം അവന് അന്തം വിടണം എന്നാലും ഓഡിയൻസ് ഉണ്ടാവും ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ ഓ അതെന്തോന്നു നമ്മളൊന്നും കേൾക്കുന്നില്ല ഇതിലെന്താ അറിയായി ഇത് നമ്മൾ എന്നെ മനസ്സിലാക്കി കുറെ ഏണീം പാമ്പും കയറും പാമ്പും ഇത് നമ്മൾ കുട്ടിക്കാലത്തെ കളിച്ച് ചീരിച്ച് ഏണിയും പാമ്പും കളിച്ചിട്ടില്ലേ ഇങ്ങനെയൊക്കെ പറയും എന്തുകൊണ്ടാ പറയുന്നത് എന്തെങ്കിലുമൊക്കെ മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ടാണ് ദേണിയും പാമ്പങ്കണിയും തോന്നുന്നു അല്ലെങ്കിൽ മറ്റേ പരിപാടിയുടെ അപ്പോ ഇത് അതിനുള്ള അല്ലല്ലോ അപ്പൊ ഇവിടെ എങ്ങനെ എന്നുള്ളതിലും പ്രാധാന്യം വിചാരം എന്ന് പറയുന്നത് കേട്ടോ ഈ വിശേഷ നിരാകരണ ശ്രുതികൾ ഭാഷകാരന്റെ ഭാഷ ഈ പറഞ്ഞാൽ ഈ പറയുന്ന ഈശ്വരന് കയും കാലും തടയും എല്ലാം വച്ചുകെട്ടുന്ന ഒരുപാട് വിശേഷണങ്ങൾ ചേർക്കുന്ന ശ്രുതികൾ സർവജ്ഞാനാണ് സർവശക്തനാണ് അതാണ് ഇതാണ് ഇതെല്ലാം കേൾക്കുമ്പോൾ അവിടെ വിചാരം ചെയ്യണം അതെങ്ങനെ ശരിയാകും അദ്വൈതശ്രീ ഉണ്ട് അത് കേൾക്കുമ്പോഴും വിചാരം ചെയ്യണം അതെങ്ങനെ നിത്യശുദ്ധ ബുദ്ധമുക്തമാകും അപ്പോൾ എന്തായാലും മനസ്സിൽ ജിജ്ഞാസയുണ്ടാവും സംശയം ഉണ്ടായിക്കോട്ടെ കുഴപ്പമില്ല ജിജ്ഞാസ എന്ന് പറയുമ്പോൾ അത് ശരിക്കും അറിയണമെന്നുള്ള ആഗ്രഹം രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം ജിജ്ഞാസയാണെങ്കിൽ നമ്മൾ ചോദിക്കും അതെന്താ അത് പിന്നെ ചോദിക്കും നമ്മൾക്ക് ജിജ്ഞാസ സംശയം അതിൻ്റെ ഒന്നും വ്യത്യാസം നമ്മൾ മനസ്സിലാക്കാത്തതുകൊണ്ട് നമ്മൾ പറയും എനിക്കത് മനസ്സിലായില്ല എന്താ പറഞ്ഞത് അത് ജിജ്ഞാസ അവ്യക്തത തൻ്റെ അവ്യക്തതയെ പരിഹരിക്കാൻ ശ്രമിക്കുകയാണ് അതാണ് ജിജ്ഞാസ സംശയമാണെങ്കിലോ നേരത്തെ അങ്ങനെ പറഞ്ഞു മറ്റൊരിടത്ത് ഇങ്ങനെ പറഞ്ഞു ഇവിടെ ഇപ്പൊ ഇങ്ങനെ പറയുന്നു വേറൊരാൾ ഇങ്ങനെ പറഞ്ഞു അതാണോ ഇതാണോ ഇതാണ് എൻ്റെ സംശയം ഇങ്ങനെ നമ്മുടെ മനസ്സിൽ വരുന്നതാണ് സംശയം സംശയവീരന്മാരെല്ലാം ഇത് പ്രത്യേകം മനസ്സിലാകും നമ്മുടെ ഉള്ളിലിരിക്കുന്ന ജിജ്ഞാസയാണോ സംശയമാണോ എന്നുള്ളതായി ഇത് മനസ്സിലാക്കേണ്ടതാണ് സംശയങ്ങൾ നമ്മൾ ഉന്നയിച്ചുകൊണ്ടേയിരിക്കുന്നത് നമ്മുടെ സാമർഥ്യമാണതെന്ന് കരുതുന്നത് അപ്പം നമുക്കവിടെ നമ്മുടെ സാമർഥ്യത്തെ കുറിച്ച് ബോധ്യമുണ്ട ഞാനത് മനസ്സിലാക്കിയിരിക്കുന്നു എന്നാൽ സ്വയം സമ്മതിക്കുകയും ചെയ്യുന്നതാണ് എനിക്ക് മനസ്സിലായില്ല അവിടെ രണ്ടും കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഉഭയകോടി എന്ന് പറയുന്നതാണ് കേട്ടിട്ടുണ്ടോ അങ്ങനെ ചോദിക്കുന്നു അതാണ് ഇതാണോ അവിടെ സംഭവിക്കുന്നത് എന്താണ് എൻ്റെ മനസ്സ് പെൻഡുലം പോലെ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ് അത് എവിടെയും ആടിക്കൊണ്ടേയിരിക്കും ഇവിടെ മാത്ര ആട്ടം അതിൻ്റെ നേച്ചറാണ് അത് മനസ്സങ്ങനെ അങ്ങനെ ആടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാല് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല നിങ്ങൾ കണ്ടിരിക്കും ഇപ്പൊ കാണാൻ ഇപ്പൊ കിട്ടുന്ന കുറവാ ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് സ്ഥിരം കാണുന്ന ഒരു കാഴ്ചയാണ് ഈ ക്ലോക്കിന്റെ താഴെ ഒരു സാധനം കിടന്ന് ഇങ്ങനെയാണ് ഒരു ചട്ടുതുമ്പോൾ ഒരു സാധനം അത് മുമ്പോട്ട് പോകുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ സ്ഥിര ഒരേ ആട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് ഇരുപത്തിനാല് മണിക്കൂർ സംശയം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിങ്ങനെ അടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട് പോകും ഇങ്ങോട്ട് വരും അങ്ങോട്ട് പോകും ഇങ്ങോട്ട് വരും ഇരുപത്തിനാല് മണിക്കൂർ വീണ്ടും നേരം വെളുത്തും വെളുത്താൽ ഇരട്ടിയാലും ഇയാൾക്ക് വിശ്രമവും ഇല്ല ഇതാണ് സംശയം ഉഭയോഗിക്കാനോന്ന് പറയുന്ന ഇതാണ് പെന്തിലം പോലെ ആടിക്കൊണ്ടിരിക്കും സ്ഥിരം ആടുന്നുണ്ടെങ്കിൽ ദൈവം ഇത് കീ കൊടുക്കാതിരിക്കുക അത്രയെങ്കിലും ചെയ്യുക നമ്മൾ സാധാരണ എന്താ ചെയ്യുന്നത് കീ കൊടുത്തുകൊണ്ടിരിക്കും അത് ശരിയാവില്ല ജിജ്ഞാസ എങ്ങനെയല്ല ജിജ്ഞാസ എന്ന് പറയുന്നത് ചാട്ടുളി പോലെയാണ് അത് വിഷയത്തിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചത് അതിന്റെ ഗതി എന്ന് പറയുന്നത് മുമ്പോട്ടാണ് ലെഫ്റ്റ് റൈറ്റ് അല്ല അതെന്ത് ചെയ്യുന്നു നമ്മുടെ ഈ പറയുന്ന സംശയങ്ങളെ പരിഹരിച്ചുകൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത് അതിന് കീ കൊടുത്തിട്ടല്ല ഇതിനു ഭാഷകാരം അവിടെ പറയുന്ന ആകാംക്ഷ നിവൃത്തി എന്ന് പറയുന്നു അപ്പോ നിരാകരണ ശ്രുതികൾ ബോധിപ്പിക്കുന്നു അവനെ അവന്റെ സ്വരൂപത്തെ ബോധിപ്പിക്കുന്നു അവനെ അതിനെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നു അതാണ് ജിജ്ഞാസ അപ്പോൾ എന്ത് ചെയ്യുന്നു അവൻ്റെ ജിജ്ഞാസ നിവർത്തിക്കുന്നു പിന്നെ അവിടെ തർക്കമുണ്ടാ സംശയമുണ്ടോ ഇല്ലല്ലോ പിന്നെ അവിടെ സംശയമൊന്നുമില്ല ഇത് വളരെ വ്യക്തമായി ധരിക്കണം അതാണ് വിചാര പദ്ധതി വിചാരമാർഗം അദ്വൈതത്തിൻ്റെ വഴി എന്ന് പറയുന്നതാണ് അല്ലാതെ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ പെൻഡുലം പോലെ ആടിക്കൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയല്ല ഇത് അങ്ങനെ ബോധ്യപ്പെടണം ബോധ്യപ്പെട്ടേ മതിയാവും ജിജ്ഞാസ ഉള്ളവനും ബോധ്യപ്പെടും സംശയമുള്ളവനും ബോധ്യപ്പെടുത്തില്ല അതുകൊണ്ടാണ് നമ്മളുടെ വ്യത്യാസം ഇതാണ് അതിന്റെ യുക്തിയും അതാണ് അതുകൊണ്ട് അതിന് വലിയ വിലയൊന്നുമില്ല ഈ അദ്വൈതത്തിൽ ഈ നിങ്ങളീ പറയുന്ന മഹത്വപ്പെടുത്തുന്ന സംശയങ്ങൾക്കൊന്നും വലിയ സ്ഥാനമൊന്നുമില്ല അത്വൈന അത് അധികം ശ്രദ്ധിക്കാറില്ല അത് വെറുതെ ഈ പിള്ളേരുടെ തമാശ അങ്ങനെ കാണാറുള്ളൂ കാരണം എന്തുകൊണ്ട് അദ്വൈതത്തിൽ അവിടെ ജിജ്ഞാസ നിവൃത്തിയാണ് തത്വനിഷ്ഠ എന്നാണ് പറയുന്നത് അത് ഏതുപോലെ ഒരു ഉദാഹരണം പറഞ്ഞു തരാം രസകരമായ ഒരു നിങ്ങൾ ഈ പൂച്ച അതിൻ്റെ കുട്ടികളെ കളിപ്പിക്കുന്ന കണ്ടിട്ടുണ്ട് പൂച്ച കുട്ടികളെ കളിപ്പിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കും പൂച്ച ധ്യാനത്തിലായിരിക്കും അതിൻ്റെ വാലിങ്ങനെ ആടിക്കൊണ്ടേ കുട്ടികൾ അതിൻ്റെ മേടിക്കൂടെ അപ്പുറം ചാടും ഇപ്പുറം ചാടും കടിക്കും പിടിക്കും പക്ഷെ ഇതൊന്നും പൂച്ചയുടെ ധ്യാനത്തെ വഞ്ചിക്കത്തില്ല അത് ശ്രദ്ധിക്കത്തേയില്ല അവിടെ എന്ത് നടക്കുന്നു എന്നുള്ളത് മറ്റേ ആട്ടോമാറ്റിക് പൂച്ചയാണ് ധ്യാന നിമഗ്നനായ പൂച്ചയാണ് അദ്വൈരി ആ വാലിക്കിടന്ന് കടിക്കും കടിക്കുന്നു അതാണ് നിങ്ങളുടെ സംശയങ്ങൾ വെറും പൂച്ച കുട്ടികൾ പിള്ളേരും കളി പിന്നെ വെറുതെ വാലാട്ടിക്കൊടുക്കും വേണകിയന്മാർ കളിച്ചോട്ടെ കുറച്ച് വെറുതെ ഒരു രസം ഒരു തമാശ കുട്ടി വിചാരിക്കുന്ന എന്താണ് ഞങ്ങളെല്ലാം ഭയങ്കര ഫൈറ്റേഴ്സാണ് അപ്പുറം ചാടുന്നു ഇപ്പുറം ചാടുന്നു ഞങ്ങൾ കുറെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു കുറെയൊക്കെ പറഞ്ഞു കുറെ പറഞ്ഞില്ല ഇന്ന് കുറച്ചുകൂടെ വരാനുണ്ട് പറയും അപ്പം പൂച്ച കുട്ടികളുടെ ചിന്താഗതിയാണത് പൂച്ച എങ്ങനെ ഇരിക്കുന്നു അങ്ങനെ ശ്രദ്ധിച്ചു നോക്കണം ഇത് പ്രകൃതിയെ നോക്കണം അദ്വൈതം പഠിക്കുന്നത് പുസ്തകം മാത്രം നോക്കിയാൽ പോരാ അപ്പൊ ഞാൻ വളരെ മുമ്പേ മനസ്സിലാക്കിയ കാര്യമാണ് ബ്രഹ്മസൂത്രം പഠിക്കുന്നതിന് മുമ്പേയാണ് ഞാൻ പൂച്ചയിൽ നിന്ന് അദ്വൈതം പഠിച്ചത് അതിൻ്റെ ആ കണ്ണൊക്കെ അടച്ചൊരി ഇരിപ്പുണ്ട് ഈ പരിപാടിയിൽ ശ്രദ്ധിക്കുന്ന എന്നാ അവിടെ എന്തൊക്കെ സംഭവിക്കുന്നുണ്ട് ഈ കുട്ടികളാണെങ്കിലും ഭയങ്കര രസമാണ് അവരുടെ പരിപാടികൾ കണ്ടുകൊണ്ടിരുന്നത് എന്തൊക്കെയാണ് അവർ കാണിക്കുന്നത് അവർക്കവിടെ ജയവും പരാജയവും എല്ലാം ഉണ്ട് അതുപോലെ തന്നെ ഈ സംശയം സംശയം ചോദിക്കുന്നവരും അതുപോലെയാണ് അത്രയൊക്കെ ഉള്ളു അതിൽ കാര്യം ഇവിടെ വേണ്ടത് നിശ്ചിന്തതയാണ് എന്താണ് എന്തുവിധത്തിൽ വേണ്ടത് പൂച്ച നിശ്ചിന്തനാണ് അതിനുള്ള ജിജ്ഞാസ നിവൃത്തി എന്ന് പറയുന്ന അതാണ് ഞാൻ ഈ ഉദാഹരണം മുമ്പും പറഞ്ഞിട്ടുണ്ടെന്ന് ഉണ്ട് ഇല്ലേ എന്നാ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളില്ലെന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും പറഞ്ഞിരിക്കും നിങ്ങൾ പറഞ്ഞു എന്നറിയാൻ നിങ്ങളുടെ ചോദിച്ചാൽ നിങ്ങൾ പറ അപ്പൊ ഞാൻ ഉറപ്പിക്കൂ അത് പറഞ്ഞത് തന്നെയാണ് കാരണം ഇത്രയും സംശയമില്ലാതെ പറയാൻ നിങ്ങൾക്കേ പറ്റൂ ഏ അതെ കത്തത്തില്ല പലപ്പോഴും അപ്പോൾ ജിജ്ഞാസ നിവൃത്തിയാണ് ഇതിൻ്റെ യുക്തി ഏറ്റവും വലിയ യുക്തി അവനറിയാനുള്ള ആഗ്രഹത്തോടുകൂടിയാണ് ഇതിന് തയ്യാറായത് അവനത് കേട്ടു അവൻ വിചാരം ചെയ്തു ഇനി വിചാരം ചെയ്യാതെ തന്നെ ജിജ്ഞാസ നിവർത്തിച്ചാൽ അതും നല്ലത് തന്നെ അല്ല ഇനി വിചാരം ചെയ്താൽ നിവർത്തിക്കണം ജിജ്ഞാസ നിവർത്തിക്കണം അപ്പോൾ നിങ്ങളീ പറയുന്ന എന്താണ് സവിശേഷ ശ്രുതികൾ അതിലേക്കൊന്നും പിന്നെ ശ്രദ്ധയെ പോകുന്നില്ല അതിൻ്റെ ആവശ്യമേ ഇല്ല ഇവിടെ തന്നെ തീർന്നത് നീ നിത്യ ശുദ്ധ ബുദ്ധമുക്തനാണെന്ന് ബോധിപ്പിക്കുമ്പോൾ അതെങ്ങനെ അവൻ്റെ ഉടനെ ജിജ്ഞാസ ഉണ്ടായിരുന്നേ ശ്രമിച്ചു പിന്നെ ബാക്കി അതിൻ്റെയൊക്കെ ആവശ്യം തോന്നും അതിൻ്റെ ആവശ്യമില്ല അതുകൊണ്ടാണ് പറയുന്നത് ഇത് സത്യമാണ് പദ്ധതി സത്യമാണെന്ന് പറയുന്ന കാരണം അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞ എന്താണ് ജിജ്ഞാസ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ഏ ആ അവനും ബോധ്യപ്പെട്ടു കാര്യം തനിക്ക് ബോധ്യപ്പെട്ടാ പോ തനിക്ക് കാര്യം മനസ്സിലായാൽ മതിയല്ലോ ബോധ്യപ്പെട്ടാൽ മതിയല്ലോ അവനെ നമ്മൾ പറയും ഓ അതിപ്പോൾ അവരവരുടെ സിദ്ധാന്തങ്ങളെല്ലാം തന്നെ അവരവർക്ക് ബോധ്യപ്പെട്ടതാണല്ലോ അദ്വൈതത്തിൽ എന്താ വിശേഷതയെന്ന് ചോദിക്കും ചോദിക്കില്ലേ എല്ലാവർക്കും അവരവരുടെ സിദ്ധാന്തം ബോധ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് നേരത്തെ അതിന് സമാനം പറഞ്ഞെന്താണ് ഏഹ് മേധാവി തൃഷു വിദ്വാൻ ഊഹാപോഹ വിചക്ഷണനായ ഒരുവനെ എടുത്തുകൊണ്ടാണ് അവന്റെ ശരിയായ വിചാരത്തെ എടുത്തുകൊണ്ടാണ് ഇവിടെ പറയുന്നത് അത് ബോധ്യപ്പെട്ടെന്ന് അല്ലാതെ ഈ പറയുന്ന തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ശ്രുതിയെ വ്യാഖ്യാനിക്കുന്നതല്ല അങ്ങനെ വ്യാഖ്യാനിച്ചാൽ എന്തും ഇഷ്ടപ്പെടാം എന്തും ബോധ്യപ്പെടും രണ്ടു രണ്ട് കാര്യങ്ങൾ അതാണ് ഞാൻ ആദ്യം പറഞ്ഞ് എന്താണോ ഇത് അതിജീവിച്ചതെന്ന് പറയുന്നത് ജീവിച്ച സംഭവം ഭാഷകാര സമാധാനം പറയുന്നു അദ്വൈതം എന്താണ് ജിജ്ഞാസെ നിവർത്തിപ്പിക്കുന്നു ഒരുവനെ അത് ബോധ്യപ്പെടുന്നു ബോധ്യപ്പെടുത്താൻ കഴിയാവുന്ന കാര്യമാണ് സംശയങ്ങളെ നിവർത്തിപ്പിക്കുന്നു അതാണ് അതിൻ്റെ അനുഭവം യുക്തിയും